ഭയഭക്തിയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തിന്റെ ഉദാഹരണമിതാ അതിനു താഴെയായി നദികൾ ഒഴുകുന്നു അതിന്റെ ഫലങ്ങളും തണലും ശാശ്വതമാണ് ഭയഭക്തിയുള്ളവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇതാണ് സത്യനിഷേധികൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാകട്ടെ നരകവുമാണ്